എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അവൻ അവരുടെ പ്രതിഫലം പൂർണമായി നൽകുകയും തന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് വർദ്ധിപ്പിച്ചു നൽകുകയും ചെയ്യും എന്നാൽ വിസമ്മതിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തവർക്ക് അവൻ വേദനയേറിയ ശിക്ഷ നൽകും അള്ളാഹു സുബാനഹൂവത്ത ആലായ കൂടാതെ അവർക്കൊരു രക്ഷാകർത്താവിനെയോ സഹായിയെയോ കണ്ടെത്താനാവില്ല